next step is 16 versus 14 and 15 um malayalathil ingananu vaayikunnathu ivideyana ee ludia ennu parayna kunniye kuriche aadimeyittu parangey kunnalla sahodariyey kuriche aadimeyittu paranjirikkunnathu ivide nammal vaayikunnathu 14th vaakyam svitera patnakaariyum ekthamparam milkunavullumaya ludia ennu perulla daivabhakthaya oru stree കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധയോടെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് എന്റെ വീട്ടിൽ വന്ന് പാർക്കിൻ എന്ന് അപേക്ഷിച്ച് അവളെ നിർബന്ധിച്ചു നാൽപ്പതാമത്തെ വാക്കിൻ വേട് ഫോർട്ടി അവർ തടവുവിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി ഇവിടെ നമുക്കറിയാം അപ്പോ തന്നെ പൗലോസും ഷീലാസും സുശേഷം പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്പിന്റെ ഭാഗമായിരിക്കുന്ന ഭാഗത്തേക്ക് ആദ്യമേ വരുന്നൊരു സന്ദർഭമാണിത് യൂറോപ്പിലെ ലുദി ലിദിയ എന്ന് പറയുന്ന ലുദിയ എന്ന് പറയുന്ന ഈ സഹോദരിയാണ് യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് ദ ഫസ്റ്റ് കൺഫേർട്ട് കൺവേർട്ട് ഫ്രം ദി ഫ്രം ദിലീജിയൻ ടു ക്രിസ്ത്യാനിറ്റി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ ശിഷ്യായിട്ട് മാറി യൂറോപ്പിലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ ആളാണ് വിജയം ഇത് നമ്മളെ കാണിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് നമുക്കറിയാം യൂറോപ്പ് അന്നും ഇന്നും സമ്പന്നതയുടെ നടുവിൽ നിന്ന രാജ്യമാണ് എന്നാൽ ലോകപ്രകാരമുള്ള എല്ലാ തിന്മകളും നിറഞ്ഞു എല്ലാ മ്ലേച്ഛതകളും നിറഞ്ഞു നിന്ന രാജ്യം സ്ഥലങ്ങളാണ് അവിടെ ഹൃദയം ദൈവത്തിനു വേണ്ടി കൊടുത്ത് ദൈവത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു സഹോദരിയാണ് ലിധിയ അത് തന്നെ വലിയൊരു എക്സാമ്പിളാണ് ഈ ലോകത്തിന്റെ പാപത്തിന്റെ വഴികളില് ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തന്റെ കരുണയാല് ഹൃദയം തുറന്ന് ഹൃദയം സമർപ്പിക്കപ്പെട്ട് ജീവിച്ചതായ ആ ഒരു ദൈവഭക്തിയായ സ്ത്രീ അപ്പോൾ ഈ ലിതിയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ നമ്മള് പതിനാറാമത്തെ വാക്യത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു സ്ത്രീത്തേറെ പഠനക്കാരെ രക്താംബരം വിൽക്കുന്നവളുമായ ലുതിയ എന്ന പേരുള്ള ഒരു ദൈവഭക്തയായ സ്ത്രീ അപ്പൊ സ്ത്രീയുടെ ലുതിയയുടെ ബിസിനസ് എന്തായിരുന്നു അതൊരു ബിസിനസ് ആൾക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു എന്തായിരുന്നു അവർ വസ്ത്രം ഉണ്ടാക്കി ഈ വസ്ത്രം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ത് വസ്ത്രം മലയാളത്തിൽ രക്താംബരം എന്ന് പറയുന്നത് ഇംഗ്ലീഷില് പർപ്പിൾ പർപ്പിൾ വസ്ത്രം കാണിക്കുന്നത് പർപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം നാച്ചുറൽ കളറാണ് മിക്സ്ഡ് കളർ പർപ്പിളിന്റെ ബേസിക് കളർ എന്ന് പറയുന്നത് ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്തതാണ് ബ്ലൂ എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്വച്ഛന്തമായിട്ടുള്ള ശാന്തതയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള കളറാണ് ബ്ലൂ ആ ബ്ലൂവിനെയും റെഡ് അതായത് എനർജി പകരുന്നതായ റെഡ് അല്ലെങ്കിൽ നമ്മൾ ആൽമമായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതായ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ചുടുനീര് ആ പാപമെന്തെന്നറിയാത്ത കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കളർ അത് ദൈവിക സ്വച്ഛന്തതയോടും പ്രസന്നനോടും കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ദിവ്യമായ കളറാണ് പർപ്പിൾ എന്ന് പറയുന്നത് ആ പർപ്പിൾ കളറുള്ള തുണി മാത്രം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ലേച്ചത് നിറഞ്ഞ പാപത്തിന്റെ വഴിയെ പോയ ഈ മനുഷ്യരുടെ മുൻപില് അവള് വിറ്റിരുന്ന ഒരേ താരം മാത്രമേ വിറ്റുകൊള്ള ഒരു പർപ്പിൾ കളറുള്ള ഈ ലിതിയാമോളും നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തില് ഈ പർപ്പിൾ കളറുള്ള യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് രക്തത്തിലൂടെയുള്ളതായ വേണ്ടെടുപ്പ് ദൈവം നൽകുന്ന സമാധാനത്തിലും ശാന്തതയിലും സ്വച്ഛതയിലും കൂടെ പകർന്നു കൊടുക്കുന്ന വിൽക്കുന്നവരായി കൊടുക്കുന്നവരായി നമ്മൾ അവിടെ വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നത് എന്താ ലോകത്തക്കാര് വിൽക്കുമ്പം കാശി ദൃശ്യം മേടിക്കുന്നു നമ്മൾ വിൽക്കുമ്പോഴോ തിന്മയുടെ സ്വഭാവങ്ങളെ യേശു ക്രൂശിച്ച് ക്രൂശിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് വിറ്റുകളഞ്ഞിട്ട് അവരിൽ നന്മ സ്വീകരിക്കുന്നവരായി അവരെ മാറ്റുന്ന ആ വലിയൊരു വേലയാണ് ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത് വിദ്യാമളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരെയും അപ്പോൾ ആ രക്താംബരം വിൽക്കുന്നവളായിട്ട് പിന്നെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴും ഈ അന്നത്തെ ഇസ്രായേലിലെ ഏറ്റവും വിലയേറിയതായ തുണി എന്ന് പറയുന്നത് പർപ്പിൾ ക്ലോത്ത് ആയിരുന്നു കാരണം ഹൈലി എക്സ്പെൻസീവ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു മാത്രമല്ല അന്ന് ഈ യൂറോപ്പിലെ രാജാക്കന്മാരെല്ലാവരും അവരുടെ ആ രാജ്യത്വം കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഡ്രസ്സുകൾ പർപ്പിളാണ് മഹാപുരൂഹിതന്റെ വസ്ത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാപുരൂഹിതന്റെ വസ്ത്രങ്ങളിലും ഉണ്ടായിരുന്നത് ഈ പർപ്പിളാണ് ഇന്ന് ലാറ്റിൻ ക്രിസ്ത്യൻസിന്റെ അച്ഛന്മാര് ഡ്രസ് ധരിപ്പിക്കുമ്പം മെത്രാന്മാര് ഡ്രസ് ധരിക്കുമ്പം അവിടെ മാറ്റമില്ലാത്ത ഒരു കളറാണ് പർപ്പിൾ ഇവിടുന്ന് കിട്ടുക അവർക്ക് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുക ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഈ പർപ്പിൾ കളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ അത് കിംഗ്ലിയാണ് അത് ഗോഡ്ലിയാണ് അത് ഏറ്റവും ഉന്നതമായ എക്സ്പെൻസീവ് ആ അനുഭവത്തെ കാണിക്കുന്നത് നമ്മുടെയും ജീവിതം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ചപ്പും ചവറും വിറ്റ് നടക്കാതെ അതിന്റെ കച്ചവടക്കാരായിട്ട് നമ്മൾ തീരാറ് ദൈവത്തിന്റെ ഉന്നതമായ ശുശ്രൂഷയില് നമ്മളായിത്തീരുക ഈ കുഞ്ഞും അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം നടക്കട്ടെ രണ്ടാമത് നമ്മള് ലുതിയെ അവിടെ കാണുന്നത് നമ്മൾ ലുതിയ എന്ന പേരുള്ളൊരു ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു മലയാളത്തില് ദൈവഭക്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രേസിസ്റ്റ് പറഞ്ഞ പോലെ ഷീസ് വർഷിപ്പർ ഓഫ് വർഷിപ്പർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊർണാലിസിനെ കുറിച്ച് നമുക്കറിയാം കൊർണാലിസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവൻ നീതി പ്രവർത്തികളാൽ തികഞ്ഞവനായിരുന്നു അതായത് അവന്റെ ഹൃദയം ദൈവത്തില് നീതിയില് ഒരു വ്യക്തിയായിരുന്നു കൊർണാലിസ് അതുപോലെ തന്നെയാണ് ലുഗിയായ അവള് ഷീസ് വർഷിപ്പർ വർഷിപ്പർ എന്ന് പറഞ്ഞാല് ആ ദൈവത്തെ ആ ആ കാണിച്ചു കൊടുത്തിരിക്കുകയും ദൈവത്തെ ആ വിധത്തിൽ കാണുകയും നമ്മളെ പൂർണ്ണമായിട്ട് മേൽപ്പിച്ചു കൊടുത്തിട്ട് ആ ദൈവത്തെ അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് വർഷപ്പിലൂടെ ഉണ്ടാകുന്നത് നമ്മൾ വർഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ അത്ഭാവിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോമലകനം പന്ത്രണ്ടാമത്തെ ദൈവത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിന് ദൈവത്തെ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായിട്ട് നമ്മൾ ഏൽപ്പിക്കുന്നു അപ്പോഴ് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ കാണുകയും ദൈവത്തെ ദൈവത്തെ ശുധിക്കുകയും ദൈവത്തെ മൗത്വപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ ഒന്നുമില്ലാതെ മരിച്ച അവസ്ഥയിൽ ഏൽപ്പിച്ചു യഥാർത്ഥമായ ആരാധന അല്ലെങ്കില് വർഷിപ്പ് നടക്കുന്നു അത് ഏത് മേഖലയിലായിരുന്നു ഇപ്പോള് ഈ ദുതിയ എന്ന് പറയുന്ന ഈ സ്ത്രീയെ കുറിച്ച് അവള് പറയുന്നത് എന്താ അവള് ഷീവസ് വർഷിപ്പ അവള് അറിഞ്ഞ സത്യത്തില് നീതിയില് ന്യായത്തില് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതില് തന്നെ തന്നെ ഒന്നുമില്ലാത്തവളാക്കി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവളില് അവള് ആയിരുന്നു ഷീവസ്വട്ടു വർഷിപ്പ് ശിവസ്വർഷിപ്പ് അപ്പോൾ നമ്മുടെയും ജീവിതത്തില് യഥാർത്ഥമായിട്ടും മാതൃകയായിട്ടും ട്രൂ വർഷിപ്പേഴ്സ് ഓഫ് ഗോഡ് ലോഡ് ജീസസ് നമ്മൾ ദൈവത്തിന്റെ യഥാർത്ഥ ആരാധനക്കാരായിട്ട് നമ്മുടെ ജീവിതം തീരുവാനായിട്ടായി തീരണം മാത്രമല്ല ഇവിടെ നമ്മളവിടെ കാണുന്നത് സ്ത്രീയായിരുന്നു അവള് പൗരോസും ഷീലാസും വന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോള് യേശുക്രിസ്തുവിനെ സന്ദേശം അത് അന്നൂരെയും ഈ ലോകത്തില് ആരും കേട്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ലോകം വെറുത്ത ലോകം തള്ളിക്കളഞ്ഞ ലോകം പൂശിച്ചു കൊന്ന ഈ യേശുവിനെ പ്രസംഗിക്കുമ്പോഴേ ഇവിടെ എന്ത് ചെയ്തു അവള് ചെയ്തിരുന്നു അവിടെ പറയുന്നുണ്ട് നമ്മളവിടെ കാണുന്നത് സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതം എങ്ങനെയാ നമ്മള് എല്ലാ ദിവസവും രാവിലെ വചനം ധ്യാനിക്കുന്നു അല്ലെ വായിക്കുന്നു ഇവിടെ വരുമ്പോ മെസ്സേജ് കേൾക്കുന്നു ബുക്കുകൾ വായിക്കുന്നു നമ്മളൊരു നല്ല ലിസണറാണോ അതോ നമ്മള് അങ് ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ ഇറങ്ങി പോകുന്നവരാണോ അല്ലെങ്കിൽ നമ്മള് അങ്ങനെ പറയുമെങ്കിലും അനേകരുടെ ചെവി മാത്രമേ പുറത്തുള്ളൂ ഹൃദയം വേറെ എവിടെയെങ്കിലും വരും നമ്മൾ ദൈവത്തെ ലിസൺ ചെയ്യുന്നവരെ മാത്രമേ ദൈവത്തിന് അടുത്തതായിട്ട് അവിടെ കാണുന്നതാ ദൈവം പൗലോസ് പറഞ്ഞത് കേൾക്കാനായിട്ടും അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടും ലുതിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുത്തു അതെങ്ങനെ ഉണ്ടായത് എങ്ങനെയല്ല ആ ദൈവം തുറന്നു കൊടുത്തത് എന്തുകൊണ്ടാണ് തുറന്നു കൊടുത്തത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായിട്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും ദൈവത്തിൽ കേൾക്കുന്നവരായിട്ട് നമ്മൾ തീരുക ഓൺലി ഫോർ ദ ലിസണേഴ്സ് ഗോഡ് വില്ല ഓപ്പൺ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറെ ഇളക്ക പോയി പോക കേട്ടു പാട്ടൊക്കെ നന്നായിരുന്നു എല്ലാവരും നല്ലതായിരുന്നു എല്ലാവരും നല്ലവരെ കൈകൊട്ടി നല്ലവരെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകുമോ വാട്ട് വാട്ട് ഇസ് ഇഫെക്ട് ദൈവം നമ്മുടെ ഹൃദയം തുറന്നോ ഹൃദയം സ്പർശിച്ചോ ദൈവം ആ ചെയ്യേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ചെയ്യേണ്ടി ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം നമ്മൾ വി ഷുഡ് ബി ഗുഡ് ലിസണേഴ്സ് ഇവിടെ നമ്മൾ വരുന്നത് ഒന്ന് കാണാനല്ല നമ്മൾ ദൈവത്തെ കേൾക്കാനല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അത് നമ്മൾ കേൾക്കുകയും ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയക്കണ് കാതുകളെ നമ്മൾ തുറന്നുകൊടുക്കുകയും ആ ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ നമ്മൾ ആയിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളിവിടെ വരുന്നു ഇവിടെ വന്നിരിക്കുന്നവർക്ക് അവരെന്നെ ചെയ്തിച്ചു പോകുന്നു നമ്മൾ മാതാപിതാക്കൾ അവരെ അഭ്യസിപ്പിക്കും They are sending messages from one person. What they are listening? What they are getting in their heart? We can't take a step back. They are telling you. They are telling you. They are telling you. I need to stop you. That's why we are coming. We are trying to do our own things. They are trying to do things. They are trying to do things. They are trying to do things. ഞാന് കഴിഞ്ഞ സ്വീകരണങ്ങനെ നന്നായിട്ട് നമ്മൾ എന്താണെന്ന് സയൻസും കണക്കും മാത്രം മതി മാത്സ് മാത്രം മതി ദൈവവതനം നമ്മള് സ്കൂളിലും കോളേജിലും ഒക്കെ വിടുമ്പോ വലിയ കോച്ചിങ്ങിനൊക്കെ എന്താവും എല്ലാം നാസ് നോട്ട് അവർ നമുക്ക് ഈ ലോകത്തെ ജീവിക്കാൻ ആവശ്യം അതും പ്രാധാന്യം അവരെ ആ മോശങ്ങളിൽ നമ്മളെ പേടിച്ച് പറയുന്നു നമ്മള് ബുക്ക് മേടിക്കാനും പ്രശ്നം മേടിക്കാനും ഒക്കെ ഒത്തിരി കാശ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളികൾ മേടിച്ചു കൊടുക്കാനോ നോട്ടെഴുതാനും ബുക്ക് മേടിച്ചു കൊടുക്കാനോ ചില കുഞ്ഞുങ്ങൾ നോട്ട് എഴുതാൻ മുതിർന്ന ബുക്ക് കഴിഞ്ഞാൽ അത് തീരെ പറഞ്ഞു അവരുടെ താളം പോയി അങ്ങനെ ഒരു ബുക്കും കൊണ്ട് ആരെയും സ്കൂളി ആരും ഇടത്തില്ല അവിടാ നമ്മൾ പണം സൂക്ഷിക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് അത് നല്ല ബുക്ക് മേടിച്ചു കൊടുത്തു പേന അവര് കുട്ടിയായിട്ട് എഴുതുന്നു ഉണ്ടായിരുന്നു അവരത് സൂക്ഷിക്കുന്നു നമ്മൾ മാതാപിതാക്കൾ ചെക്ക് ചെയ്യണം അവടെ നമ്മളെ അവരെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു ഈ കേട്ടതൊക്കെയും ശ്രദ്ധയോടെ അവളുടെ ചെവി പൂർത്തിച്ച് അവള് കേട്ടുകൊണ്ടിരുന്ന പല അവളുടെ ഹൃദയം ദൈവവചനം നമ്മുടെ ബുദ്ധിയിലൂടെ വന്നിട്ട് നമ്മൾ ഗ്രാസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് ദൈവജനം പറയുന്നത് നമ്മുടെ ഹൃദയ ഫലകമേൽ ദൈവത്തിന്റെ ശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം എഴുതുന്നു പിന്നെ പ്രവചനത്തിൽ പറയുന്നത് ഞാനത് ഭക്ഷിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയ പലകമേലെഴുതുക മാത്രമല്ല അത് ഹൃദയത്തിൽ അത് വ്യക്തതയോടെ ഇരിക്കുകയും ഞാനത് പഠിക്കുന്നു അത് ആദ്യമേ എന്റെ വായിൽ കഴിപ്പായിട്ടും അതിനുശേഷം അത് മധുരമായിട്ടും തീരുന്നു ഈ ഒരു കാര്യം ദൈവ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതൊക്കെ മുതലുണ്ടാകണം നമ്മുടെ വിദ്യാമോടെ പോലെ പിന്നായിരിക്കുമ്പോ മുതൽ മാതാപിതാക്കളത് പഠിപ്പിച്ച് അത് അഭ്യസിപ്പിക്കേണ്ടുന്നതായ വഴിയെ അഭ്യസിച്ച് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവര് വരുന്നവരായിട്ട് പോകുവാനായിട്ട് വന്നതാണ് അതുകൊണ്ട് നമുക്ക് വലിയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഇക്കാര്യത്തില് ഏത് മാതൃകയും വർഷ മാത്രമല്ല അവൾ കേട്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്ന അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു ദൈവം തുറന്നു കൊടുത്തു ആ വചനം അവൾ കേട്ടതൊക്കെയും അവളുടെ ജീവിതത്തില് ജീവനായിട്ട് തീരുമാനായിട്ട് പാത മന്ത്രങ്ങൾ അവിടെ കാണുന്ന ഹൃദയം തുറന്നു കുടുംബവും ജ്ഞാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിലോ എന്റെ വീട്ടിൽ വന്ന് പാർട്ടിൽ നിന്ന് അപേക്ഷിക്കുക അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു അപ്പോഴ് ഫൗദ ശീലാക്കു അവിടെ പറഞ്ഞിരിക്കുന്നു ഈ ലുതിയ മാത്രം കേട്ടോ മസജ കേട്ടോ അവളുടെ അവള് പ്രസംഗം കേട്ടു യൂതനെ രക്ഷിതാത്മാവളുടെ ഹൃദയം തുറന്നു പിന്നെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവര് കുടുംബം വന്ന സ്ഥാനമേറ്റു സംഭവിച്ചേ ദൈവം ആ സഹോദരിയുടെ തുലയം തുറന്നപ്പോഴെ ആ സഹോദരിയുടെ തുലയം മാത്രമല്ല തുറന്നു തുറന്നെവിടാ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും തുലയം നമുക്ക് നമ്മൾ ഒരാള് ദൈവവചനം ചോദിക്കുന്നത് കൊണ്ട് ദൈവചനത്തിനു വേണ്ടി നമ്മുടെ കൃത്യങ്ങളെ നമ്മൾ നമ്മുടെ കാടുകളെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ ദൈവം ഒരാളെ മാത്രമല്ല രക്ഷിക്കുന്നു ആ ദൈവം നമ്മുടെ ദൈവം ആ യുയായിലൂടെ അവളുടെ കുടുംബം മുഴുവൻ സ്നാനം ഏൽക്കുവാനായിട്ടില്ല അവരെല്ലാവരും സ്നാനം ഏൽക്കാന്ന് പറഞ്ഞാൽ അവരെല്ലാവരും യഥാർത്ഥ വിശ്വശിഷ്യരായ ജീവാന്തര ചെയ്യുവാനായിട്ടില്ല എന്റെ ആരൊക്കെ ഓരോരുത്തർമാരെ നമ്മുടെ ഓരോരുത്തരെയും ഓരോ ഭവനങ്ങളിൽ നിന്നും ഓരോ ദേശത്തു നിന്നൊക്കെയും നമ്മൾ ഏത് വിധേയനും കർത്താവിന്റെ ആദ്യ ഫലമായി നമ്മളിലൂടെ അതിലും ആരംഭിച്ചതായ വിശ്വേശുവിന്റെ പ്രവൃത്തി അവരെ നാളുകരെയും തികയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് ദൈവം ആ വലിയ വിളി ദൈവത്തിലുള്ള വിളി നമ്മൾ മറന്നുപോകുന്നത് ശരിയായിട്ട് കുടുംബത്തെ ദൈവം ആ കുടുംബം മുഴുവൻ സ്നാനമേറ്റെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് അതിൻ്റെ അടുത്ത ഭാഗമാണ് എന്താണ് ഒരു കുടുംബമായിട്ട് സ്നാനമേറ്റെ ഇടിയെ വന്നിട്ട് ഈ അപസ്വരന്മാരോട് രണ്ടുപേരോടും പറയുന്നുണ്ടായിരുന്നു അവിടെ തന്നെ പറയുന്നത് ഇന്ന് എന്നെ ജഡ്ജ് ചെയ്തിട്ട് ഞാൻ കർത്താവിൽ വിശ്വസ്തയാണെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് നോക്ക് ആ ദൈവവചനത്തിന്റെ മുമ്പില് കണ്ണു തുറ ചെവി തുറന്നിരുന്നതായ ആ സ്ത്രീ ആ സഹോദരി അവളുടെ ഹൃദയം ദൈവം തുറന്നപ്പോഴ് അവളുടെ ആ ജീവിതത്തിലുണ്ടായ മാറ്റം നോക്കുക അവള്നായ പൗരസിനെയും ചീതാസ്നെയും വിളിക്കും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യണം എന്താണ് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് നിനക്ക് എത്ര പണമുണ്ടെന്നോ എന്റെ വീട്ടിൽ എത്ര മുറി ഉണ്ടെന്നോ സൗകര്യം ഉണ്ടെന്നോ എത്ര നന്നായിട്ട് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നോ ഒന്നും അല്ല അവള് പറയുന്നത് ഞാൻ ഭർത്താവില് വിശ്വസ്തയാണ് ഇന്നല്ല ഈ ഇത്രമാത്രം ഞാനും ഈ ഒരു സൂചാട്ടം കേട്ട് പ്രധാനപ്പെട്ടതായ ഒരു സൗകര്യം ഉണ്ടാകുന്നത് ദൈവം ഞാൻ ഞാൻ മാറ്റി ദൈവോചനം സ്വീകരിക്കുവാനായിട്ട് വിശ്രമമുണ്ടവളായിട്ട് അവളെ മാറ്റി അവൾ വന്ന് ും കുറില്ല ഒന്നാമത് ഉറപ്പ് വരുത്തേണ്ടി അതോറിറ്റി ലീഗേഴ്സ് അവർക്ക് വന്ന് പറയായിരുന്നു ഓരോ ദിവസം കൊണ്ട് ശീലത്തിന്റെ ഞാൻ സുശേഷൻ കേട്ട ഉടനെ ഞാൻ സ്ഥാനപ്പെടുത്തി ഞങ്ങളെല്ലാം വിശ്വസിക്കാം ഞങ്ങളുടെ വീട്ടിലോട്ട് എന്റെ അവനോട് താമസിച്ചുകൂടാ നിങ്ങൾ അയ്യോട്ട് വീട്ടിൽ താമസിക്കുന്നുണ്ടോ മറ്റേ മറ്റേ വീട്ടിൽ താമസിക്കുന്നു ഇവിടെ നമ്മൾ പലപ്പോഴും പറയുന്നു ഇല്ല അതല്ലോ പറഞ്ഞു ഇല്ല എന്താ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യും ഞാൻ വിശ്വസയാണെങ്കിൽ ആ ഭവനം ജീവിതത്തിൻ്റെതായ ഓരോ അവരെ പവനഗുരി പാർന്നു നമുക്കറിയാം തുറന്നുള്ളതായ ഭാഗങ്ങൾ വരുമ്പോൾ ലക്ഷ്മി സീതാസ്മിയിൽ കാരാഗ്രഹ സമ കാരാഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ ചാട്ടവാറടിയിൽക്കുന്നു കാരാഗ്രഹത്തിൽ കിടക്കുന്നു അവിടെയും താരാഗ്രഹക്കാരനെങ്ങനെ അവൻ കുടുംബമടക്കം നമുക്ക് ദൈവം ആരംഭിച്ച ആ ഒരു പ്രവൃത്തി തികഞ്ഞ വഴിയിലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിര്യാട്ട ഹൃദയത്തിലൂടെ ദൈവം ആരംഭിച്ചതായ ആ പ്രവൃത്തി ദൈവം തികഞ്ഞ വഴിയെ തന്നെ ആ കാരാഗ്രഹപ്പൊമാണിയും കുടുംബമടക്കം അവർ സ്നാനപ്പെട്ട് മാത്രമല്ല കാരാഗ്രഹ പൊമാനിയോട് പൗരത്വം പറഞ്ഞു കർത്താവേശികൾ വിശ്വസിക്കുക നീ നിങ്ങളുടെ കുടുംബവും ശിക്ഷ പ്രാപിക്കും ദൈവത്തിലെ വലിയൊരു വാക്യമാണ് നമുക്ക് അറിയാം നമ്മളില് അനേക കുടുംബാംഗങ്ങളെ രക്ഷിക്കപ്പെടാതെ ദേവളിയിലാകാതെ നീക്കുന്നവരുണ്ട് അവരെ കുറിച്ചുള്ള സാരംഗങ്ങൾക്കുണ്ട് അവരെ ദൈവത്തിന്റെ കരങ്ങൾ ലോപിച്ചു കൊടുക്കണം അവരെ രക്ഷിക്കപ്പെടണം അവർ ദൈവത്തിൻ്റെതായി തീരണം ലോകപ്രകാരവും അവരനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും ആ ഒരു വലിയ വാക്കുകൊണ്ടേ തത്താവേശു വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും ഏറ്റവും പതിനാറാമതി മുപ്പതാമത്തെ വാർത്ത അവിടെ പറയുന്നത് തത്താവായ യേശു നീ നിന്റെ കുടുംബവും നമ്മൾ നമ്മുടെ ചർച്ചക്കാർക്ക് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി മാതാപകൾക്ക് വേണ്ടി ചെയ്യും നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നമ്മൾ എത്തിക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രോഗം മാറണം സമ്പത്ത് കല്യാണം നടക്കണം വർഷനെയാണെങ്കിൽ സൂത്രഫലം നടക്കണം എല്ലാം നല്ലതാണ് എല്ലാം നമുക്ക് ആവശ്യം എന്നാൽ അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെതായ തീർണവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ടോ വേദനയാന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം രോഗം വന്നത് കേട്ടാൽ നമുക്ക് ഒരു പ്രശ്നമാണ് നമ്മൾ ഉപേക്ഷിക്കാൻ പറയും പ്രാർത്ഥിക്കാൻ പറയും എല്ലാം പറയും എന്നാലും അവരുടെ ആത്മാവ് രക്ഷിക്കാൻ വേണ്ടിയോ രക്ഷപ്പെടാൻ വേണ്ടിയോ കർത്താവേശു വിശ്വസിക്കുക അവരുടെ ആത്മാവിനെയാണ് അവർ ദൈവത്തിൻ്റെതായിട്ട് വേണം യേശുവിന്റേതായിട്ട് എന്ത് പറഞ്ഞു അങ്ങനെ അത് മാത്രം ഇവിടെ കാണുന്നത് കാണുന്നത് വിശ്വസ്തത എന്ന് എണ്ണീരിക്കുന്നുവെങ്കില് എന്റെ വീട്ടിൽ പാർക്കൻ എന്ന് അപേക്ഷിച്ച് നിങ്ങളെ നിർത്തണം ആ സ്നേഹത്തിന്റെ മറ്റാവിന്റെ ശരീരമാകുന്ന സഭയിലെ ഒരവയവുമായിരിക്കുന്നത് നമ്മൾ എങ്ങനെയാ ദൈവശ്രീ നമുക്ക് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ ശരീരത്തിൽ ഒരു അവയവമാക്കി എന്ന് അവരുടെ സ്നേഹത്തിന്റെ ഒരു നിർബന്ധം ദൈവം എന്നെ ഏൽപ്പിച്ച് ചൂണ്ടകളിലെ ചെയ്യുവാനായിട്ട് അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് കഴിയുന്ന വിധത്തില് ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ടുള്ളതായിരുന്നു അത് നമുക്ക് വേണം നമ്മളിത് രാഘവത്തോടെ ചെയ്യേണ്ടതായിരുന്നു ഭർത്താവിന്റെ ശരീരത്തിലെ അവയവമാണ് ആ അവയവം അത് ശക്തിയോടെ ബലത്തോടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും മൊത്തമായിട്ടുള്ള ലോകത്തിലെ പലതും ബാറ്റില്ല ദൈവത്തിന്റെ വേല ഉത്സാഹത്തോടെ മടുക്കില്ലാതെ തന്നെ നമ്മള് ആ ഉത്സാഹത്തെ വിലയിട്ട് അവള് ായിട്ട് കാണുന്നു നമ്മളും അങ്ങനെയായിരുന്നു കർത്താവിന് ശരി ഏറ്റവും ബലമുള്ള കർത്താവ് ഓരോ കാര്യം ഇങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യാനായിട്ട് ചെയ്യുന്നു ഏത് കാര്യമാണെങ്കിലും ആഹാരം ഉണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങളെ വളർത്തുന്നതാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ചർച്ചിലാണെങ്കിലും ചർച്ചിന്റെ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും സഹോദരങ്ങൾ തങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു സെർവന്റെ കൂട്ട് തന്നിരിക്കുന്നു നമ്മുടെ സർവൻ്റ ഞാന് ഇന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ കൊറയലത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൊറയത്തെ രണ്ട് ഇന്ന് കുട്ടികൾക്കോ അവിടെ മാതാപിതാക്കൾക്കൊന്നും ഞാൻ എഴുതാൻ കാരണം ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ കണ്ടു പലരും വന്ന് കൊറയിലത്തെ ബാക്ക് ഷീറ്റിൽ ഞാൻ ഈ പേരന്റ്സ് അവരിവിടെ വരുമ്പോൾ അവർ തിരിക്കാൻ സ്ഥലമില്ല അവരെ ഉണ്ടി മുന്നോട്ട് വിടുങ്ങി അവർ കൂടെ പോകുന്ന ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ മുന്നോട്ട് വരുന്നു ചർച്ചിലെ മീറ്റിംഗ് എല്ലാം ഡിസ്റ്റാർബാകുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ വളരെ കൂളായിട്ട് ആയിട്ട് രണ്ട് സെർവൻസ് കൊണ്ട് നമുക്ക് ഉറങ്ങാനും ചൂടിക്കാനും വേണ്ടി അല്ല നിങ്ങളുടെ പേരൻസ് അത് ലാഹോബുദ്ധിയോടെ എടുക്കാനും പാടില്ല എവറി വൺ ഷുഡ് കം നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തിൽ പോകുന്നത് യു ആർ ഗോയിങ് ഇൻ ടൈം ഇൻ ചർച്ച് വൈ യു വാട്ട് ലാസ്റ്റ് ഇറ്റ് ഇൻ ടൈം അണ്ടർസ്റ്റാൻഡ് ദോട്ട് ഇറ്റ് for the Lord, ഡൂയിങ് should do it seriously, ജലസ്ലി With whatever way we can do, the rest we can bring about it. I believe that all, everyone will take it seriously. Not only time, everything. But how many will be in the world? And everybody will be able to see. And we will be able to come and stay in my house. That's why we have to come and stay in my house. We will be able to come and stay in my house. നാൽപ്പതാമത്തെ വാക്കി നമ്മൾ വായിച്ചു അവർ അവർ തടവുവിട്ട് ലിതിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു ലിബിയായുടെ ഫോണത്തിൽ അവർ താമസിച്ചു അതിനുശേഷം അവിടെ വലിയ ഉപദ്രവമെല്ലാം ഉണ്ടായി കാരാഗ്രഹത്തിലായിട്ടടിയെല്ലാം വെച്ചു ഇവരെ ഓർത്താനീ അന്ധതരമായിട്ട് അവരുടെ കാരാഗ്രഹത്തിൽ നിന്ന് ഉപയോഗിച്ചതല്ല അത് കഴിഞ്ഞ് എന്താ അതായത് ആ കാരാഗ്രഹത്തിൽ ഇന്ന് പൗരോസിനെയും ശീലാസിനെയും ഒക്കെയും നോക്കിച്ച് പുറത്തു പോയപ്പോഴ് നാപ്പതാമത്തെ വാഷ്യത്തില് അവർ പറയുന്നുണ്ട് അവര് അവര് അവർ തടവുവിട്ട് ലുധിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു ഈ സമയം കൊണ്ട് ഈ സഭ അല്ലെ പൗരോസും ശീലാസും ഒക്കെയും ഈ വലിയ ഉപദ്രവത്തിലായിത്തീരുകയും ഈ കാരാഗ്രഹത്തിൽ കിടക്കുകയും നടക്കുമ്പോഴ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് ലുധിയായുടെ വീട്ടിൽ കുടുംബം ഒന്നായിട്ട് സ്നാനപ്പെട്ട് വിശ്വന്റെ ശിഷ്യരായി തീർന്ന വിദ്യായുടെ ഭവനത്തില് ഒരു വലിയ സഭ തന്നെ ഉണ്ടാകും അവിടെ സഹോദരന്മാര് കാത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭ പണിയപ്പെടുന്ന ഒരു വലിയ പ്രവർത്തി ആ ദേശത്ത് നടക്കുവാനായിട്ട് ഈ സഹോദരിയിലൂടെ ഇത് എത്ര ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തി പ്രിയ സഹോദരി സഹോദരന്മാരാണ് എന്റെയും നിങ്ങളുടെയും സമയം എന്റെയും നിങ്ങളുടെയും ദേവസ് ദേവസനയില് യഥാസ്ഥാനപ്പെടുത്തുന്നതായ ആ പ്രവൃത്തികൾ നടത്തുന്ന രീതിയിൽ ആ സഹോദരി രക്ഷിക്കപ്പെട്ടു അവൾ കാത് തുറന്ന് ദൈവജനം കേട്ടു ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു ആ സഹോദരി ആ കുടുംബം രക്ഷിക്കപ്പെട്ടു ആ കുടുംബത്ത് ഒരു വലിയ സഭ ഉണ്ടാക്കുകയാണ് ആ സഭയ്ക്ക് ആത്രയുമാരെ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ തരുന്ന പൗരസും ശീലാസും ബാക്കി ശിക്ഷമാരും ഒക്കെ വിവരിക്കപ്പെട്ടപ്പോൾ അവര് വരുവാൻ അവരെ കാത്തിരിക്കുന്നതായ ഒരു ദൈവസഭ ഉണ്ടാകുവാനായിട്ടിടയായി തീരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവരോട് എത്ര അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് അതിനോട് പാത്രമാണ് നമുക്കറിയാം ഒരു ദൈവസഭയ ഒരു ദേശത്ത് പറഞ്ഞാൽ എന്താണ് ആ ദേശത്ത് വിശാശിന്റെ ഉപദ്രവങ്ങളാല് പാപത്തിന് അരിപപ്പെട്ടു പോകുന്നവരെ ക്രിസ്തുവിലുള്ള യഥാർത്ഥ ജീവനിലേക്ക് നടത്തുന്ന ദൈവസഭയാണ് താക്ക് പറയാനുണ്ട് ചർച്ച ഹോസ്റ്റിൽ ആത്മീയമായിട്ട് അങ്ങനെയുള്ളവരെ എത്തിക്കാനുള്ള ഒരു വലിയ അവരുടെ ഒരു സങ്കേതമായിട്ട് അവരുടെ ഒരു കോട്ടയായിട്ട് അവരുടെ ഒരു വിടുതലിന്റെ സ്ഥലമായിട്ട് ഈ സഹോദരിയുടെ പവനം തീരുവാനാൻ ഇടയായി നമ്മളും ദൈവം ഇത് നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ ഒക്കെ തീർത്ത് ഞാൻ ആരും ഓർമ്മിപ്പിച്ചതുപോലെ ഈ മോളെ നമ്മൾ സമർപ്പിക്കുന്നത് അവരേറെയായിട്ട് ഞങ്ങൾ എന്ന കൂടെ തന്നെ അതിന്റെ മുന്നിലായിട്ട് അവരിലും ആവേലിന്റെ വഴിപാടിലും പ്രസാദിച്ച് ദൈവത്തിന്റെ മുന്നില് നാമം വന്നിരിക്കുമ്പോൾ നമ്മളാണ് ഹാബേലും വഴിപാടാണ് ഇന്ന് നമ്മളിലും നമ്മുടെ നമ്മുടെ വഴിപാടിലും പ്രസാദിക്കുന്ന ദൈവം ീ പതുക്കാലോ നന്ദിയായിട്ട് അതിനായിട്ട് നമ്മളെ പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ നമ്മുടെ കാതുകളെ തുറക്കുന്നവരായിട്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ ദൈവം തുറക്കുമ്പോൾ ദൈവത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അനുഭവം ഉത്സാഹത്തോടെ ഉണർവോടെ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്നവരായിട്ട് കർത്താവിധ ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമുക്ക് തീരാം ബലമുള്ള നമ്മൾ ആരും പാരലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനായിരിക്കും നമ്മൾ ദൈവത്തിനു വേണ്ടി നമ്മളെ തന്നെ നമുക്ക് കേൾപ്പിക്കാം ദൈവ തരങ്ങളിലേക്ക് നമുക്ക് കേൾപ്പിക്കാം നമുക്കെല്ലാവർക്കും അങ്ങടെ തരങ്ങളിലേക്ക് ഞങ്ങളെല്ലവരെയും അങ്ങന്ന് ഞങ്ങളെ കേൾപ്പിച്ചതായ ദൈവവചനം അങ്ങനെ ഞങ്ങളെ കടന്നു വന്ന സമയം മുതല് ഇപ്പോഴുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നതായി ദൈവ അനുഭവം ഞങ്ങളുടെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട ഈ യാഥാർത്ഥ്യത്തിൽ കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങനെ മുന്നോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പുറമേയല്ല ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവരായിട്ട് ആത്മാവിൽ എരിവുള്ളവരായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് പ്രവൃത്തികളായി പ്രവർത്തി ചെയ്യുന്നവരായിട്ട് ഞങ്ങൾ എല്ലാവരെയും അങ്ങനെ മാറ്റിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവകൃപ ഞാനെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഈ പകൽക്കാലം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ സാന്നിധ്യത്തിൽ കൂട്ടിക്കൊണ്ടു വന്നതായ ഞങ്ങൾ എല്ലാവരെയും കത്താതെ അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനാണ് അങ്ങടെ അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിനാണ് സ്ഥലം കടന്നു സമയം മുതല് പല അനുഭവങ്ങളില് പല ഓര്മ്മകളില് പല ചിന്തകളില് ഈ മുറിക്കുള്ളിലായിരുന്നവരുണ്ട് കർത്താവ് എന്നാല് കർത്താവ് അങ്ങ് നല്ല ഹൃദയങ്ങളെയും കാണുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കടന്നു വന്ന പ്രോ ഇല്ലയല്ല അനുഗ്രഹം പ്രാപിച്ചു കൃത ദൈവത്തിന്റെ വേല സഹിക്കുവാനായിട്ട് എല്ലാവരെയും എല്ലാവരെയും അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ദൈവ വ്യാപാരം ഞങ്ങൾ അവകാശമായിട്ട് ചോദിക്കുന്ന അത് ഞങ്ങൾ എല്ലാവരിലും വ്യാപരിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കണം എല്ലാവരും അങ്ങടേതായി തീരുവാൻ അങ്ങനെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരിച്ച് ദൈവകർപ്പിക്കാനും സ്തോത്രം നിങ്ങളുടെ സാന്നിധ്യത്തിനായും സ്ത്രോത്രം അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്ത്രോത്രം ഇതിയമ്മോടെ അങ്ങനെ സ്തോത്രം കുടുംബത്തെ എങ്ങനെ സ്തോത്രം എല്ലാ മഹത്വവും എല്ലാ മഹത്വവും കർത്താവേ ഞങ്ങൾ അന്നേക്കൊരു സ്ഥിരിക്കും ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായിരുന്നു സർവശക്തനായ ദൈവം ഞങ്ങളെല്ലാ മഹത്വം കർത്താവേയും സകലത്തും സഫലമുത്തും പക്ഷെ ആ ഞങ്ങൾ അറിഞ്ഞു എല്ലാ മടികൾ കാഴ്ചവെന്ത യേശുന്റെ നാം അർത്ഥിക്കുന്നു